അള്ളാഹു സുബഹാനഹു വറ്റഹലായുടെ നാമം ചൊല്ലിയവ ഭക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നതെന്താണ് നിങ്ങൾക്ക് നിഷിദ്ധമായവ അവൻ വിശദമായി അറിയിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളൊഴികെ തീർച്ചയായും അറിവില്ലാതെ സ്വന്തം തന്നിഷ്ടങ്ങൾ പിന്തുടർന്ന് പലരും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു അതിക്രമം ചെയ്യുന്നവരെക്കുറിച്ച് നിന്റെ രക്ഷിതാവ് ഏറ്റവും നന്നായി അറിയുന്നു